ണാമം ഭഗവാൻ ശ്രീരാമന് ഐ അവതരിച്ചു അവതാരത്തെക്കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാം എന്ന് നമ്മൾ ഇന്നലെ തീരുമാനിച്ചത് അതിനു മുൻപ് ഞാൻ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ ഈശ്വരനിൽ ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു ഈശ്വരനിൽ ശരിയായി വിശ്വസിക്കുന്ന ആർക്കും ഈശ്വരൻ അവതരിച്ചു എന്ന് വിശ്വസിക്കാനേ സാധ്യമല്ല ഞാൻ പറയുന്നത് അല്പം ഒന്ന് ആലോചിച്ചു നോക്കുക ആരായി ഈശ്വരൻ ഇനി ബ്രഹ്മമോ വിഷ്ണുവോ ശിവനോ അല്ലെങ്കിൽ അള്ളാഹോ അല്ലെങ്കിൽ പിതാവോ ആരുമായിക്കോട്ടെ ഈശ്വരൻ ഈ പ്രപഞ്ചവുമായി അദ്ദേഹത്തിന് എന്താ ബന്ധം അത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അദ്ദേഹമാണ് ആർക്കെങ്കിലും ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആർക്കെങ്കിലും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഈശ്വരനാണ് ഏതു തരത്തിലുള്ള ഈശ്വരനും ആവട്ടെ പറയാൻ പറ്റുമോ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഈശ്വരനാകും ഈ പ്രപഞ്ചത്തെ ഇല്ലാതാക്കുന്നത് ഈശ്വരനാണ് സൃഷ്ടിച്ചത് ഈശ്വരനാണ് എന്നിട്ട് ആ പ്രപഞ്ചത്തിൽ ഒട്ടേറെ കുഴപ്പങ്ങളെന്നോ ആരാ ഉത്തരവാദി കുഴപ്പമുണ്ടാക്കുന്നവരാണോ ഉത്തരവാദി കുഴപ്പം ഉള്ള ഒരു പ്രപഞ്ചത്തെ എന്തിനു സൃഷ്ടിച്ചു ആരോട് ചോദിക്കാം ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് കരുതുകയാണെങ്കിൽ എന്തിനങ്ങനെ സൃഷ്ടിച്ചു തനിക്ക് തന്നെ എന്തിനീ പ്രാരബ്ധം വരുത്തി വെച്ചു അങ്ങേയറ്റം കുഴപ്പമുള്ള ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക സംസ്കൃതത്തിൽ ഒരു ചൊല്ലണ്ടേ പ്രക്ഷാളനാത്തി പങ്കസ്യ ദൂര അസ്പർശനം വരം ചെളി ചവിട്ടി പിന്നീട് പോയി കഴുകുന്നതിനേക്കാൾ അല്പം അകലെ കൂടി ആ ചെളിയിൽ ചവിട്ടാതെ പോകുന്നതിൻ്റെ ഭേദം താൻ സ്വയം കൊള്ളൊരു തലത്തെ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നിട്ട് ആ പ്രപഞ്ചത്തിലെ കുഴപ്പം തീർക്കാൻ താൻ അവതരിച്ചു ശരി അപ്പാടാണ് തികച്ചും പരസ്പര വിരുദ്ധമല്ലേ അതിനെ കുഴപ്പമുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിക്കാതിരുന്നാൽ പോരെ പിന്നെ ഈ അവതരിക്കുന്നത് എന്തുമാത്രം ക്ലേശമാണെന്നോ താൻ മാത്രമൊന്നുമല്ല അവതരിക്കുന്നത് തൻ്റെ കൂടെ പിന്നെ ഒരുപാട് ആളുകൾ വിഷ്ണു അവതരിക്കാൻ ഭാവിച്ചപ്പോൾ തന്നെയാണ് അതായത് ബ്രഹ്മാവും ദേവന്മാരും ഒക്കെ കൂടെ എന്തായി ഈ ബ്രഹ്മാവ് ദേവന്മാർ ഭഗവാൻ ഒരു രാവണനെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവിനും ഇരിക്ക പൊറുതിയില്ല ദേവന്മാർക്കും ഇരിക്ക പൊറുതിയില്ല ഭൂമിദേവിക്കും ഇരിക്ക പൊറുതിയില്ല അവർക്കാർക്കും ഒന്നും ചെയ്യാനും കഴിയുന്നില്ല അവരെല്ലാവരും കൂടെ വിഷ്ണുവിൻ്റെ അടുത്തെത്തി എന്നാണിതാ രാമായണത്തിൽ പറയുന്നത് അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞൊന്നാണ് ആ എനിക്കറിയാം കാര്യങ്ങളൊക്കെ എനിക്കറിയാം വലിയ കുഴപ്പമുണ്ട് ഞാൻ പരിഹരിക്കാം ഞാൻ ദശരഥൻ്റെ പുത്രനായി ജനിക്കാം അപ്പോൾ ഇനി ദശരഥൻ്റെ പുത്രനായി ജനിച്ചിട്ട് ഈ കുഴപ്പമൊക്കെ പരിഹരിക്കാൻ അദ്ദേഹത്തിന് പറ്റൂ അല്ല കുഴപ്പമുള്ളവരും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നുള്ളത് പോട്ടെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ക്ഷണമാത്രം കൊണ്ട് സൃഷ്ടിക്കുന്നു എന്നാണ് ആചാര്യസ്വാമികളും വേദാന്ത പുരാണങ്ങളുമൊക്കെ പറഞ്ഞു കണ്ണടച്ചു തുറക്കുന്നതിലും അങ്ങൾ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കുന്നു പ്രവർത്തിപ്പിക്കുന്നു ടാ ഭഗവാന് അവിടെ നിന്നും കൊണ്ട് ഞാൻ രാവണൻ ഭസ്മമായി പോട്ടെ എന്നൊന്ന് തീരുമാനിച്ചാൽ പോരെ എന്നിട്ട് പറയുന്നു ഞാൻ നിങ്ങൾ പേടിക്കേണ്ട ഞാൻ ഇതൊന്നും ഭഗവാനോട് ഉള്ള തെറ്റായ ചിന്ത ഉണ്ടല്ലേ ഇതിനൊക്കെ ഒരൊറ്റ പരിഹാരം ഭഗവാനേ ഉള്ളൂ ഇവിടെ രാവണനുമില്ല വേറെ ആരുമില്ല ഗംഭീരമായ ഒരു ഇന്ദ്രജാലം ഇന്ദ്രജാലം ഇന്ദ്രതം എന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്താ ദോഷം ഒരു കുഴപ്പമില്ല എന്നിട്ട് അവിടെ നിര അവിടനെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല ഞാൻ ദ ജനിക്കാം ദേവന്മാരോടൊക്കെ പറയുകയാണ് നിങ്ങളെല്ലാം പോയി വാനരന്മാരായി ജനിക്കണം എന്നെ സഹായിക്കാൻ ഞാൻ തനിച്ച് ഇതൊന്നും പറ്റില്ല നിമിഷം കൊണ്ട് പ്രപഞ്ചത്തെ ആയ ആനന്ദകൂടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കുന്ന ഭഗവാൻ പറയുകയാണ് എനിക്ക് തനി കൊല്ലാനൊന്നും ഒക്കില്ല എനിക്കൊരുപാട് സഹായം വേണം നിങ്ങളൊക്കെ പോയി വാനരന്മാരായി ജനിച്ച് അവിടെവിടെ വനങ്ങളിൽ ഫലമൂലങ്ങളും ഒക്കെ പക്ഷിച്ച് കഴിഞ്ഞുകൂടണം ഞാൻ വരും കാത്തിരിക്കണം എന്നിട്ട് മായ ദേവിയോട് പറയുന്നു നീ പോയി ആ ജനകരാജാവിൻ്റെ കൊട്ടാരത്തിൽ സീതയായി ജനിക്കണം അങ്ങനെ ഒട്ടേറെ തയ്യാറെടുപ്പുകൾ അവിടെ തീരുമാനിച്ച് ദേവന്മാരോടും ബ്രഹ്മാവിനോടും പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പൊയ്ക്കോടെ അതാ സമയം ഇനി ഇനി എത്ര കാലം വേണം അതിന് പത്തു മാസം വേണം കുഞ്ഞു ജനിക്കാൻ നേരെമറിച്ച് ആ ജഗതീശ്വരൻ അവിടെ ഇരുന്നുണ്ടൊന്ന് കണ്ണിമ കെട്ടിയാൽ മതി ലങ്ക ഒന്നുമില്ല അതുപോലും ചെയ്യുന്നില്ല അവതരിക്കാൻ തീരുമാനിക്കുകയാണ് കോട്ടയം അവതരിച്ചു അവതാരം കഴിഞ്ഞു ഭഗവാനാണ് അവതരിച്ചിരിക്കുന്നത് ഇത് ഞാനല്ലേ ഇത് ആത്മീയയും എഴുത്തച്ഛനും ഒക്കെ എഴുതി വെച്ചിരിക്കുക ആലോചിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നേ ഉള്ളൂ ഈ പറയുന്നതിനർത്ഥം ഈ കഥകളൊക്കെ വിശ്വസിക്കരുതെന്നോ ഒന്നുമല്ല സത്യമുറപ്പിക്കുക ഇവിടെ രണ്ടില്ല രണ്ടുണ്ടെന്ന് ചിന്തിച്ചു പോയോ ഒരൊറ്റ ചോദ്യത്തിനും ഉത്തരം പറയാൻ സാധ്യമല്ല എന്തിന് ഭഗവാൻ അവതരിച്ചു ഉത്തരവിനെ പറയാൻ സാധ്യമല്ല അവതരിച്ചു ശ്രീകൃഷ്ണന്റെയും ശ്രീരാമന്റെയും അവതാരങ്ങളെ പരി നോക്കുക വിലപ്പെട്ട രണ്ടവസാരങ്ങളാണ് ശ്രീരാമൻ വന്ന് ജനിച്ചു വളരെ പ്രയാസപ്പെട്ടു ദശരഥൻ വലിയ പുത്രരാമേഷ്ഠി പറയുന്നു പുത്രരാമേഷ്ഠിയൊക്കെ നടത്തി പായസമൊക്കെ ഉണ്ടാക്കി ഭാര്യമാർക്കൊക്കെ കൊടുത്ത് രാമൻ ജനിക്കുകയാണ് രാമൻ ജനിച്ചു രാമൻ ജനിച്ച യാതൊരു സ്വസ്ഥതയുമില്ല ഭഗവാൻ അല്ല ഞാനിത് എന്തിനു പറയുന്നു എന്ന് വെച്ചാൽ ഇനി ആർക്കെങ്കിലും ഭഗവാൻ മകനായിട്ട് ജനിച്ച തിരക്കേടില്ലായിരുന്നു എന്ന് ചിന്ത ഉണ്ടെങ്കിൽ ആലോചിച്ചു വേണം പ്രാർത്ഥിക്കാൻ ഞാൻ ഞാൻ പറയുകയല്ല ദശരഥത്തിന് വല്ല സ്വസ്ഥതയുമുണ്ടോ എന്താ ഭഗവാൻ ആ സ്വസ്ഥത ഉണ്ടാക്കി കൊടുക്കാത്തത് ശ്രീകൃഷ്ണൻ ജനിച്ചു വല്ല സ്വസ്ഥതയുമുണ്ടോ ജയിലിലാണ് കിടക്കുന്നത് അച്ഛനും അമ്മയും ജയിലിൽ കിടക്കുക ജയിലിൽ കിടക്കുമ്പോഴാണ് കൃഷ്ണൻ ജനിക്കുന്നത് അതിപ്പോൾ എന്ത് ചെയ്യാം അവര് ജയിലിൽ ആയിപ്പോയി എന്താ ഭഗവാന ജയിലിൽ മോചിപ്പിച്ചുകൂടെ അതിനൊക്കെ ഇപ്പൊ കുഞ്ഞല്ലേ ജനിക്കുന്നതിന് മുൻപ് അതിനൊക്കെ ഉള്ള കഴിവ് ഭഗവാനുണ്ടോ സ്വന്തം കാര്യത്തിൽ ആ കഴിവൊക്കെ ഉണ്ട് കിടന്ന കംസൻ കൊല്ലും പേടിയുണ്ട് അതുകൊണ്ട് അച്ഛനോട് ജനിച്ചുടം പറയുകയാണ് എന്നെ നന്ദഗോപനെ അടുത്തു കൊണ്ടാക്കണം അതിപ്പോഴേ ഇവിടെ കാവൽക്കാരൊക്കെ ഇല്ലേ അതൊന്നും സാരമില്ല വസുദേവനോട് പറഞ്ഞു അവരൊക്കെ ഉറങ്ങിക്കോളും എൻ്റെ കയ്യിൽ വിലം അതൊക്കെ പൊട്ടി മാറിക്കൊളും ജയിലിൻ്റെ കഥവുകളൊക്കെ സ്വയം തുറക്കപ്പെടും യമുനാനദിയുടെ വെള്ളം വറ്റിക്കോളും അട്ടാ ഇത്രയൊക്കെ ഭഗവാൻ കഴിവുണ്ടോ ഉണ്ട് എന്നാൽ പിന്നെ അച്ഛനും അമ്മയും ജയിലിൽ വിട്ടുപോയിക്കോട്ടെ അത് അങ്ങനെയൊക്കെ പോയാൽ കംസൻ കുഴപ്പമുണ്ടാക്കില്ലേ എന്താ തടയാനുള്ള കഴിവില്ലേ ഇത്രയും ഒക്കെ കഴിവുള്ള ആൾക്കത് തടയാനുള്ള കഴിവില്ലേ അതൊന്നും ചോദിക്കരുത് ഈ കളി മുഴുവൻ നടത്തുന്നത് ഭഗവാനാണ് കംസൻ ഭഗവാനാണ് രാവണൻ ഭഗവാനാണ് അങ്ങനെ ആയാൽ പിന്നെ ഈ ചോദ്യത്തിനൊക്കെ അവകാശമുണ്ടോ ഒരു രസം അദ്ദേഹം എന്തിനാ രസിക്കുന്നത് വാസ്തവത്തി അതിൻ്റെയും ആവശ്യമൊന്നുമില്ല അന്തിമമായിട്ട് അദ്ദേഹം രസിക്കുന്നുമില്ല സിദ്ധാന്തോ അധ്യാത്മശാസ്ത്രാണ സർവാപന്നവയവഹി നവിദ്യ അസ്ഥിതോമായ സർവം ബ്രഹ്മേദമാതത്വം ഈ പരമ ശാസ്ത്രീയമായ സത്യം മറ്റൊന്നിനും ശാസ്ത്രീയതയില്ല ഭഗവാൻ അവതരിച്ചു എന്ന് പറഞ്ഞാൽ യാതൊരു ശാസ്ത്രീയതയുമില്ല ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ഒരാളിന് അവതരിച്ചു എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല ഞാൻ പലപ്പോഴും ഒരു ചിരിച്ചു കഴിയുള്ളൂ ഭഗവാൻ ഭഗവാൻ അവതരിക്കുക എന്തിനാ ഭഗവാൻ അവതരിക്കുന്ന അപ്പം എന്തിനത് പറഞ്ഞു ഇവിടെ ഭഗവാനേ ഉള്ളൂ ഭഗവാൻ തന്നെയാണ് ഭാഗവതം പറയുന്നു ഭഗവാന്റെ ആദ്യത്തെ അവതാരം പ്രപഞ്ചമായിട്ടാണ് പ്രപഞ്ചമാണ് ഭഗവാന്റെ ആദ്യത്തെ അവതാരം അത് ജോ ഉണ്ടെന്ന് തോന്നിച്ചു അല്ലാതെ പ്രപഞ്ചമായിട്ടും ഒന്നും ഭഗവാനെ അവതരിക്കുന്നില്ല എന്തായാലും അങ്ങനെ കൃഷ്ണൻ്റെ അവതാരം പൊട്ട ദശരഥനാണ് രാമന രാമൻ ജനിച്ചു കുറച്ച് ദിവസം ബാല്യം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ വിശ്വാമിത്രൻ വന്നു കൂട്ടിക്കൊണ്ടുപോകാൻ രാക്ഷസന്മാരെ കൊല്ലാൻ അപ്പോഴേ തുടങ്ങി ദശരഥന് യാതൊരു സ്വസ്ഥതയുമില്ല ഈ കുട്ടികളെ അയച്ചാൽ എന്തോ സ്ഥിതി അയച്ചില്ലെങ്കിൽ വിശ്വാമിത്രൻ കുഴപ്പമുണ്ടാക്കും ഒടുവിൽ അയച്ചു ശ്രീ കല്യാണം കഴിച്ച് തിരിച്ചു വരുമ്പോൾ പരശുരാമനുമായി ഏറ്റുമുട്ടേണ്ടി വന്നു അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു വല്ല സ്വസ്ഥതയുണ്ടോ പിന്നത്തെ കാര്യമൊക്കെ അറിയാമല്ലോ ആ കുടുംബം കുഴപ്പത്തിലാവുകയാണ് മുഴുവൻ കുടുംബവും എന്തായത് എന്താ ഭഗവാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ ഇപ്പം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വീടുകളിലുണ്ട് ഒരുപാട് പേര് എന്നോട് ഒന്ന് പറയാറുണ്ട് ഭഗവാൻ ഈ പ്രശ്നമൊക്കെ ഒന്ന് തീർത്തു തരണമല്ലോ ഭഗവാൻ ജനിച്ച അയോധ്യയിൽ ദശരഥൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഭഗവാന് കഴിഞ്ഞോ ആ ഞാൻ അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല ദശരഥൻ നിലവിളിക്ക് വേണം നെലവിളി രാമനങ്ങ ആ നിലവിള്ളി തീർക്കാൻ ഭഗവാൻ കഴിഞ്ഞോ ആ അതൊക്കെ ഇരിക്കട്ടെ അങ്ങനെ ആ അവതാരമാണ് അപ്പം എന്തിന് പിന്നെ ഈ അവതാര കഥ വ്യാസൻ ഭാഗവതത്തി എന്തു പറയുന്നുവെന്നോ ഒരവതാരവും ഉണ്ടായിട്ടില്ല ഞാനല്ല ചുമ്മാ വെറുതെ അജ്ഞാനികൾ ഭഗവാൻ അവതരിച്ചു എന്നൊക്കെ തെറ്റിദ്ധരിക്കുകയാണ് ഞാനല്ല യഥാ നഭസി മേഘോകോ രേണുർവാ പാർത്ഥിവോ അനിലെ തഥാദ്രഷ്ടരീ ദൃശ്യത്വം ആരോപിതം അബുദ്ധിഭിഹി അജ്ഞന്മാർ ഭഗവത്വം എന്തെന്ന് നിശ്ചയമില്ലാത്തവർ ആകാശത്തിൽ മേഘഖണ്ഡങ്ങൾ നിരന്നിരിക്കുന്നത് പോലെ ആകാശത്തിന് മേഘവുമായിട്ടൊന്നും ഒരു ബന്ധമില്ല ആകാശത്തിൽ മേഘഖണ്ഡങ്ങൾ ഉയർന്നിരിക്കുന്നത് ഭൂമിയുടെ പൊടി വായുവിനെ മുഴുവൻ മലിനം ആക്കുന്നു എന്ന് കരുതുന്നത് പോലെ യഥാ നഫസി മേഘവുഃഖവോ േണുർവാ പാർത്ഥിവോ അനിലെ തഥാ ദ്രഷ്ടരി ദൃശ്യത്വം ഈ പ്രപഞ്ചത്ത് മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ജഗതീശ്വരങ്ങൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ദൃശ്യം ഉണ്ടെന്ന് ആരോപിതം അബുദ്ധിവിഹി ബുദ്ധിയില്ലാത്തവർ ആരോപിക്കുന്നു അജ്ഞന്മാർ ജനിച്ചു എന്നൊക്കെ തോന്നുന്നത് വെറുംമായ അങ്ങനെയൊന്നുമല്ല സാർ ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ യഥായ ദാഹിധർമ്മസ് ഗ്ലാനുർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ് ആത്മാനം സൃജാമ്യഹം അപ്പം ഞാൻ എന്നെ സൃഷ്ടിക്കും അതാണ് അവതാരം എന്തിനാണ് പരിത്രാണായ സാധൂനം വിനാശായ ചുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമിയുഗേയുഗേ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിൻ്റെ ബുദ്ധിമുട്ട് മാത്രം പോരാ പിന്നെ ഓരോ യുഗത്തിലും വന്ന് ജനിച്ചതിനെ നേരെയാക്കാനുള്ള ബന്ധപ്പാടു ഭഗവാനെന്ത് ബന്ധപ്പാടാണ് വാസ്തവത്തിൽ പക്ഷേ എന്നിട്ട് ഭഗവാൻ അടുത്തു പറയുന്നു ആരെങ്കിലും ഭഗവാനോട് തിരിഞ്ഞ് ചോദിച്ചാലോ ഏ ജനിക്കാത്ത ആളല്ലേ അങ്ങ് സർവത്ര നിറഞ്ഞു നിൽക്കുന്നയാളല്ലേ ആനന്ദസ്വരൂപനല്ലേ പിന്നെ അങ്ങനെതിനാ അവതരിച്ചത് ആ എന്നാരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഭഗവാൻ ഉത്തരവുണ്ട് ഹഡോ ഇയാൾ എന്നെ അന്വേഷിച്ചിട്ടുണ്ടോ ഇതുവരെ ഞാൻ ആരാണെന്ന് ശാസ്ത്രീയമായി കണ്ടെത്താൻ ഇയാൾ എന്നെ പിന്നെ എന്തിനായി ചോദ്യം ചോദിക്കുന്നത് നിങ്ങളെന്നെ അന്വേഷിക്കണം എന്ന് പ്രേരിപ്പിക്കാൻ തന്നെയാണ് ഞാൻ ഈ വിദ്യകളൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഇന്ദ്രജാലങ്ങളൊക്കെ എന്തിന് അന്വേഷിക്കൂ ഈ ഇന്ദ്രജാലമൊക്കെ ആരുണ്ടാക്കി ഉണ്ടാക്കി അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ആടിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ത് അനന്തകോടി സൂര്യന്മാരെ ആരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടികർത്താവിൻ്റെ സ്വരൂപം എന്തത് അനന്തകോടി സൂര്യന്മാരുണ്ടോ ചോ അന്വേഷിക്കൂ അന്വേഷിക്കാതെ എന്നെ അന്വേഷിക്കാതെ അതാണ് എന്നോട് യഥാർത്ഥ ഭക്തി ഇല്ലാതെ മാറി നിന്ന് അത് എന്തിനു ചെയ്തു ഇത് ചെയ്തു അത് അത് ചോദിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ ഒരിക്കലും അതിന് ഉത്തരം കിട്ടില്ല എൻ്റെ യഥാർത്ഥ സ്വരൂപം അന്വേഷിക്കൂ അന്വേഷിച്ചാൽ അതാണ് വേദാന്തം പറയുന്നത് സിദ്ധാംമശാസ്ത്രാണർവാപന്നവഹ അന്വേഷിച്ച നമ്മുടെ ഋഷിമാർ പരണമായി പറയുന്നു സർവാപന്നവഹ എല്ലാം നിഷേധിക്കുന്നു എല്ലാം നിഷേധിച്ചിരിക്കുന്നു എന്നുള്ള അവിദ്യസ്തി നോ മായ അവിദ്യയില്ല മായയില്ല പിന്നെന്താ ഉള്ളത് സർവം ബ്രഹ്മേടമാതത്വം ഈ കാണുന്നതൊക്കെ ഒരേ ഒരു അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മം മാത്രം ബോധം മാത്രം ഇത് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാകുന്നില്ലേ ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇത് മനസ്സിലാകുന്നതുവരെ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണം ശാസ്ത്രീയമായ ഒരൊറ്റ സത്യമേ ഉള്ളൂ ശാസ്ത്രീയമായ സത്യം രണ്ടില്ല ആ സത്യം ഇപ്പം മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും മനസ്സിലാക്കണം അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജന്മ മരണഭ്രമം ഏറ്റവും വലിയ ഭ്രമം അതാണ് ജനിക്കുന്നു മരിക്കുന്നു എന്നുള്ള ഭ്രമം ആ ഭ്രമം നിശ്ചയമായും തുടരേണ്ടി വരും അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ജനിച്ചോ അങ്ങനെയല്ല അങ്ങ് ജനിക്കാത്തവനാണെന്നാണല്ലോ പറയില്ല അതൊക്കെ ശരി തന്നടോ അജോപിസൻ നവ്യയാത്മാ ഭൂതാനാ ഈശ്വരോപിസൻ ഇങ്ങനെ ഇതൊക്കെയാണ് ഞാൻ ഞാൻ അജനാണ് ഗീതയാണ് ഈ ഈ അവതാരത്തൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാരെയും തെറ്റിദ്ധരിപ്പിക്കാൻ പറയുകയല്ല സാക്ഷാൽ കൃഷ്ണൻ ഇടം ഞാൻ ജനിച്ചിട്ടില്ല അജോപിസൻ അവ്യയാത്മ എൻ്റെ സ്വരൂപത്തിനൊരിക്കലും ഒരു കുറവും സംഭവിച്ചിട്ടില്ല ഇത് അവതാരത്തിൻ്റെ ശ്ലോകങ്ങൾ കഴിഞ്ഞു പറയുകയാണ് അയോ ബിസൻ അവ്യയാത്മ ഭൂതാനാ ഈശ്വരോ ബിസൻ ഇവിടെ കാണുന്ന സകല ജീവജാലങ്ങളുടെയും ഈശ്വരൻ എന്നുവെച്ചാൽ അവയെ സൃഷ്ടിച്ചതും അവയെ ഉണ്ടെന്ന് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അവയെ ഇല്ലാതാക്കുന്നതും ഞാനാണ് ഈശ്വരോപിസൻ സർവഭൂതങ്ങളുടെയും അജോപിസൻ നവ്യയാത്മ സർവഭൂതം എന്ന് പറഞ്ഞാൽ രാവണൻ്റെയും ഹിരണ്യകശ്യൻ്റെയും അതുപോലെ നമ്മൾ കാണുന്ന അസുരന്മാരുടെയും അവരൊക്കെ തന്നെ വെറും ഇന്ദ്രജാല രൂപങ്ങൾ അജോപിസൻ നവ്യയാത്മാ ഭൂതാനം ഈ ശ്ലോകത്തിലെ ഓരോ വാക്കും അർത്ഥം മനസ്സിലാക്കി നോക്കുക സകലഭൂതങ്ങളുടെയും ഈശ്വരനാണ് ആ പ്രപഞ്ച ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു കൊണ്ടായിരിക്കും എന്ന് വെച്ചാൽ ആ ആ കാഴ്ച ഇങ്ങനെ തോന്നും ഞാൻ തീരുമാനിക്കുന്നില്ലെങ്കിൽ അത് ഉണ്ടായിരിക്കില്ല അങ്ങനെയുള്ള ഈശ്വരന് രാവണനെയും ഹിരണ്യ യശുഖനെയുമൊക്കെ നിങ്ങളുണ്ടായിരിക്കണ്ട എന്നങ്ങ് തീരുമാനിച്ചാൽ പോരെ അദ്ദേഹം ഇനി ജന്മമെടുത്ത് അതെന്ന് പിന്നെ ഭൂതാനാം ഈശ്വരോപിസൻ പ്രകൃതി സ്വാമധിഷ്ഠായ എൻ്റെ പ്രകൃതിയെ അംഗീകരിച്ച് എൻ്റെ ഒരു സ്വഭാവം സംഭവാമ്യാത്മമായ മായയാ സംഭവാമി എന്താ ഈ മായയാ സംഭവാമി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സംഭവിക്കുന്നല്ലോ ഒരു ഇന്ദ്രജാലികൻ തൻ്റെ ഇന്ദ്രജാലവിദ്യ കൊണ്ട് ഒരു യോധാവിനെ സൃഷ്ടിച്ച് കാണിക്കുന്നു അവിടെ യോധാവുണ്ടോ ഇല്ലേ ഇല്ല അയാളും സങ്കല്പിച്ചു മറ്റുള്ളവർ കാണട്ടെ എന്ന് കാണുന്നു അവിടെ യോധാവുമില്ലേ യുദ്ധവുമില്ല ഒന്നുമില്ല അപ്പം ഞാൻ മായയാ സംഭവാമേ മായ കൊണ്ട് സംഭവിക്കുന്നു ഈ ഇല്ലാത്ത മായാരൂപങ്ങൾ ഉണ്ടെന്ന് കരുത്തി ജഗതീശ്വരൻ്റെ യഥാർത്ഥ തത്വം എന്തെന്ന് അന്വേഷിക്കാതെ കഥകളിൽ മാത്രം ചുറ്റിത്തിരിഞ്ഞാൽ നമ്മുടെ ജീവിതം വീണ്ടും കൂലി ഇരുട്ടിലേക്ക് പതിക്കുകയല്ലാതെ വേറെ യാതൊരു രക്ഷയും ഇല്ല യാതൊരു രക്ഷയും ഇല്ല അങ്ങനെ ഞാൻ ആത്മമായ കൊണ്ട് ഉണ്ടെന്ന് തോന്നിക്കുന്നു ഭാഗവതത്തിൽ തന്നെ ശിശുപാലനെ ഭഗവാൻ ചക്രം കൊണ്ട് വധിച്ചു ധർമ്മപദ്ധരുടെ രാജസൂയത്തിൽ ഭഗവാൻ ഒട്ടേറെയൊക്കെ നിന്നിച്ചു അയാൾ അതുകൊണ്ട് ചക്രം കൊണ്ട് ശിശുപാലൻ്റെ കഴുത്തറുത്തു ശിശുപാല ശരീരത്തിൽ നിന്നും ദിവ്യമായ ഒരു തേജോ രൂപം ഭഗവാൻകൾ വന്ന് എന്ന് നാരദൻ ധർമ്മപുത്ര പറഞ്ഞു കേൾപ്പിച്ചു അപ്പം ധർമ്മപുത്രൻ ചോദിക്കുകയാണ് ഏ അതെന്താ ഈ ശിശുപാലൻ ഭഗവാന്റെ ശത്രുവല്ലേ ആ ഭഗവാനിൻ്റെ ഭഗവാനിൽ ശിശുപാലൻ്റെ ജീവൻ വന്ന് ലയിച്ചു എന്നൊക്കെ പറഞ്ഞ അപ്പോഴാണ് നാരദം പറയുന്നത് ഏടോ ധർമ്മപുത്രരെ ഇവിടെ ശിശുപാലനുമില്ല കൃഷ്ണനും ശിശുപാലനും ഒന്ന് ഒരേ ഭഗവാൻ കൃഷ്ണൻ്റെയും ശിശുപാലൻ്റെയും രൂപം കൈക്കൊണ്ടു ആ അത് വായിച്ചു നോക്കുക നിന്ദനസ്തവ സത്കാരൻ ഞാനിതൊക്കെ ഉണ്ടാക്കി വായിച്ചു നോക്കണം നിന്ദനസ്തവ സത്കാരൻ ഞക്കാലാർത്ഥം പ്രധാനപരയോ രാ രാജന് അവിവേകേന കൽപ്പിത്തം ശത്രു ശരീരം ഭഗവാന്റെ അവതാര ശരീരം എടോ ഇതെല്ലാം അവിവേകേന കൽപ്പിതം വെറും അജ്ഞന്റെ കൽപ്പനകളാണ് ഓഹോ അജ്ഞൻ്റെ കൽപ്പനകൾ പിന്നെ എന്തിനീ വ്യാസനൊക്കെ എഴുതി വെച്ചു ആവർത്തിച്ചാവർത്തിച്ച് ഭഗവാനെ കാട്ടിത്തരാനും ഭഗവാൻ മാത്രമാണ് സത്യമെന്ന് അന്വേഷിച്ചറിയാൻ പ്രേരണ ചെലുത്താനും വേണ്ടി എഴുതി വെച്ചു അല്ലാതെ വരെ എന്താ മാർഗം ഭഗവാനിൻ്റെ ആരാണെന്നൊക്കെ ഭാഗവതമൊക്കെ മംഗളശ്ലോകം ഒന്നാം വരിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഒന്നാം വരിയിൽ പക്ഷെ ആരും കേൾക്കുന്നില്ല ജന്മാദ്യശയത്തോ അന്വയാതിതരത്തോ മംഗളശ്ലോകത്തിൻ്റെ ഒന്നാമത്തെ വരിയാണ് ഭഗവാൻ്റെ സ്വരൂപം വ്യക്തമാക്കുന്ന ശാസ്ത്രീയമായി വ്യക്തമാക്കുന്ന വരിയാണത് പക്ഷെ അതൊന്നും ആരും കേൾക്കുന്നില്ല എന്നാ ഈ കഥകളൊക്കെ ഇത് നാരദൻ പറയുകയാണ് അങ്ങനെ ഭഗവാൻ അങ്ങനെ നിങ്ങൾക്ക് ധർമ്മപുത്രേ നിങ്ങൾക്കൊക്കെ തോന്നും ആ ശിശുപാലൻ ഭഗവാൻ്റെ ശത്രുവാണ് ഭഗവാൻ വേറെയാണ് ഭഗവാൻ അങ്ങനെയൊന്നും ഇല്ല ഭഗവാൻ ശിശുപാലനും താനും എല്ലാം താൻ തന്നെയാണ് താനല്ലാതെ ഇവിടെ രണ്ടാമതൊരു വസ്തു അണുപോലുമില്ല മനസ്സൈവേദമാതവ്യം നേഹനാനാസ്തി കിഞ്ചന ലേശം പോലും ഇവിടെ പലതില്ല നേരെ വറച്ച് പലതും കരുതുന്നവർ മരണത്തിൻ്റെ പിന്നാലെയും പാഞ്ഞു നടക്കേണ്ടി വരും എന്നാണ് ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് ഒക്കെ കേട്ടുകൊള്ളുക എന്തിന് കേൾക്കുന്നു ഇപ്പം എന്നെപ്പോലെ ഒന്ന് ചിന്തിക്കുക എന്നാലും ഒരുപാട് ചിന്തിച്ചിന്താ ഭഗവാൻ എന്തിനായി അവതരിക്കുന്നത് അപ്പം നമ്മേക്കാളും ഒക്കെ മോശവും ഭഗവാന്റെ സ്ത്രീ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു രക്ഷിക്കുന്നു എന്ന് പറയുന്നു സംഹരിക്കുന്നുവെന്ന് പറയുന്നു എന്നിട്ട് പ്രപഞ്ചത്തിൻ്റെ കുഴപ്പം തീർക്കാൻ അവതരിക്കുന്നു എന്ന് പറയുന്നു അവതരിച്ചിട്ട് ഒരു ക്ലേശ പരമ്പര നിലവിളി എന്താ ശ്രീരാമൻ തന്മ കാട്ടിപ്പോയി ശ്രീത മോഷ്ടിക്കപ്പെട്ടു സാധാരണ മനുഷ്യരുടെ ഇടയിൽ നടക്കുന്നതിനേക്കാളും ഒക്കെ ദയനീയമായ ഒരു ചുറ്റുപാട് ഈ ചുറ്റുപാടിലൊക്കെ രാമൻ സ്വയം എന്തിനു ചെന്ന് വീണു സാർ അത് വീടും എന്ന് വെച്ചാൽ രാവണനെ കൊല്ലണ്ടേ രാവണനെ കൊല്ലാൻ ഇങ്ങനെ അല്ലെങ്കിൽ പറ്റുമോ ആർക്ക് ഭഗവാനും ഭഗവാന് രാവണനെ കൊല്ലാൻ അയാളെ കൊണ്ട് തൻ്റെ ഭാര്യയും മോഷ്ടിപ്പിക്കണം എൻ്റെ ഈശ്വരായി ഇങ്ങനെ പോട്ടെ ഞാൻ അധികം ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല ഇതിനൊക്കെ ഒരൊറ്റ പരിഹാരം പരിഹാരമുണ്ട് ഭഗവാൻ ആരാണെന്ന് ചിന്തിച്ചറിയുക ചിന്തിച്ചറിഞ്ഞാൽ നമ്മുടെ ഋഷീശ്വരന്മാർ എത്തിയയിടത്ത് നമ്മൾ എത്തിച്ചേരും നവിദ്യാസ്ഥി നോ മായ ഇവിടെ അവിദ്യയില്ല മായയില്ല സർവം ബ്രഹ്മേദവാദത്വം ഈ കാണുന്നതൊക്കെ ബ്രഹ്മമാണ് സാറേ അത് ശരി തന്നെ പക്ഷെ ഞങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലല്ലോ മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവുന്നതുവരെ ഇത് ചിന്തിച്ചുറപ്പിക്കണം അല്ലെങ്കിൽ ഭഗവാൻ എന്തിനവതരിച്ചു എന്നുള്ള ചോദ്യത്തിന് യുക്തിയുക്തമായ ഉത്തരം പറയണം ഏത് ഭഗവാൻ അവതരിച്ചു ആരാ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കഴിവെന്തൊക്കെയാണ് ഭഗവാന്റെ കഴിവ് പറയുന്നുണ്ട് ആ കഴിവൊക്കെ വാസ്തവത്തിൽ നമ്മളെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പിന്നെ എന്തിനാണ് അവതരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ കൗസല്യക്കും ദേവകയ്ക്കും ഒക്കെ സംശയമാണ് ഭഗവാൻ ദേവകി പറയുന്നുണ്ട് കൃഷ്ണൻ ജനിച്ചു കിടക്കുകയാണ് പറയുന്നു വിശ്വം യതയെ തത് സ്വതനവവും നിശാന്തയെ യഥാവകാശം പുരുഷപ്പരവഭവൻ വിഭർത്തി സ്വയം മമ ഗർഭകോഭൂ നൃലോകിടംബനം ഹി തത് കൃഷ്ണനോട് പറയുകയാണ് ദേവകി ഭഗവാനെ ഇതെന്തൊരു നേരം പോക്കാ അങ് എൻ്റെ മനസ്സിൽ എൻ്റെ ഗർഭപാത്രത്തിൽ നിന്നും ജനിച്ചുവെന്നോ ഏയ് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല ഏ പിന്നെ ഞാനിതാ ജനിച്ചു നിങ്ങളെ കുഞ്ഞായിട്ട് ജനിച്ചതാണ് മുമ്പ് കിടക്കയില്ലേ കിടക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ എനിക്കിത് വിശ്വസിക്കാൻ സാധ്യമല്ല എന്താ കാര്യം വിശ്വം യഥേതത് സ്വതനോ നിശാന്തേ യഥാവകാശം പുരുഷ പരോ ഭഗവാൻ വിഭക്തി അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തെ പ്രളയകാലത്തിൽ അങ്ങ് സ്വന്തം ഉദരത്തിൽ വഹിക്കുന്നു അങ്ങയിൽ ലയിച്ചു കിടക്കുന്നു എന്നാണല്ലോ പറയുക അത് വീണ്ടും വരുന്നു എന്നാണ് അപ്പം വിശ്വം യത് ഏതത് ഈ കാണുന്ന വിശ്വം ഈ കാണുന്നതെന്ന് വെച്ചാൽ അനന്ത കോടി ആ വിശ്വം അങ്ങ് സ്വതനോ നിശാന്തേ യഥാവകാശം പുരുഷപരോ ഭവാൻ വിഭർത്തി അങ് ഉളിൽ ധരിക്കുന്നു ആ ഭവാൻ വിഭർത്തി സോയം അങ്ങനെയുള്ള ആ ഭഗവാൻ മമ ഗർഭകോഭൂ എന്റെ ഗർഭത്തിൽ വന്ന് കുഞ്ഞായി ജനിച്ചു അഹോ ആശ്ചര്യമാശ്ചര്യം നിർലോക വിടംബനം ഹി തത് ഇത് ഈ മനുഷ്യലോകത്തിൻ്റെ തികഞ്ഞ ഭ്രമം വിടംബനം ഭ്രമം ന എന്നാണ് ഭാഗവതത്തിൽ ദേവകി വസുദേവനെ സ്തുതിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ കൗസല്യാദേവിയും ഭഗവാന്റെ കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാം രാമൻ ജനിച്ചു വിഷ്ണു രൂപത്തിലാണ് പ്രകടമായത് നാല് കൈകൾ ശംഖചക്രം തുടങ്ങിയ ആയുസങ്ങൾ അത് തേജോമയമായ രൂപം ആയിരം സൂര്യന്മാർ ഒരുമിച്ചുയരുന്നതുപോലെ തേജോമയം ഇതൊക്കെ എന്തിനാണ് ഭഗവാൻ എന്തിനാണ് ഇതൊക്കെ കൗസല്യാദേവിക്ക് കാണിച്ചു കൊടുത്തത് ഒന്നും ഭഗവാൻ്റെ ഇഷ്ടമല്ല ഇവർ പണ്ട് രണ്ടു പേരും കൂടെ കഴിഞ്ഞ ജന്മത്തിൽ കശ്യപനും അതിഥിയും ആയിരുന്നു ദശരഥനും കവസിലയും രണ്ടുപേരും കൂടെ ഭഗവാനെ തപസ് ചെയ്തു കാരണം തപസ് ചെയ്തു വിഷ്ണുവിൻ്റെ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ആ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താ നിങ്ങൾക്കാവശ്യം ഞങ്ങൾക്ക് ചോദിച്ചില്ല അതാണോ ഈ മനുഷ്യൻ്റെ മായാഭ്രമം ഇന്നും ഇപ്പോൾ ഭഗവാൻ യഥാർത്ഥത്തിൽ നമ്മുടെ രൂപത്തിൽ ഗുരുവായൂരോ അപ്പനോ മറ്റോ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നിന്ന് എന്ത് വേണം എന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര പേര് പറയും എനിക്ക് പൂർണ്ണമായ ദുഃഖമോചനം മോക്ഷം വേണം എന്ന് നമ്മൾ എത്ര പേർ പറയും ഈ അങ്ങനെ ഭഗവാനെ എനിക്കവിടെ പത്ത് രൂപ കളഞ്ഞു പോയി അതൊന്ന് തിരിച്ച് കിട്ടണം അല്ലാതെ ആരെങ്കിലും പറയുമോ എനിക്ക് മോക്ഷം വേണമെന്നും കഠിന തപം ചെയ്ത് എന്നിട്ട് എന്താ ചോദിച്ചാൽ എന്ത് വേണം ഞങ്ങും ഞങ്ങളുടെ മകനായിട്ട് ജനിക്കണം ഭഗവാൻ മകനായിട്ട് ജനിച്ചാലും സ്ഥിതിതാണ് കൃഷ്ണൻ മകനായിട്ട് ജനി ഭഗവാൻ മകനായിട്ട് ജനിച്ചു ദേവകയും വസുദേവനും പക്ഷേ ജനിപ്പിച്ച അച്ഛനമ്മമാരല്ല വളർത്താൻ ശ്രമിച്ച അച്ഛനമ്മമാർ യശോദയും നമുക്ക് ഗോപനും ഒരു നിമിഷം മനസ്സിന് സ്വസ്ഥത കൃഷ്ണൻ ജനിച്ച അന്നും മുതൽ തികഞ്ഞ അസ്വസ്ഥരായിട്ടാണ് ജീവിതം നയിക്കുന്നത് അപ്പോൾ ഭഗവാൻ മകനായിട്ട് ജനിച്ചാലും ഇതേ ഉള്ളു ശ്രീരാമൻ ഭഗവാൻ ദശരഥൻ്റെ മകനായിട്ട് ജനിച്ചു ഇതൊന്നും കൃഷ്ണനെയോ രാമനെയോ അല്പം പോലും മോശമാക്കി കാട്ടാൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യങ്ങളല്ല പരമമായ ശാസ്ത്രീയ സത്യം രാമായണവും ഭാഗവതവും സംശയരഹിതമായി വെളിവാക്കുന്നത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കുക ദേവി കൗസല്യാദേവി വീണുകിടക്കുന്ന ജനിച്ചു കിടക്കുന്ന ശ്രീരാമനെ സ്തുതിക്കുക ഭഗവാൻ പരമാത്മാ അങ്ങ് പരമാത്മാവാണ് അഖണ്ഡ ബോധരൂപനായ ബ്രഹ്മം ഉപനിഷത്ത് ആ ബ്രഹ്മത്തെ വിവരിക്കുന്നത് നോക്കുക ഉപനിഷത്ത് രാഘോധം ഏകമേ വർദ്ധിത്യം അതൊന്നു മാത്രം രണ്ടില്ല ഒരിടത്തും അങ്ങനെയുള്ള ബ്രഹ്മം അതാണ് രാമനായി ജനിച്ച കിടക്കുന്നത് കൗസല്യക്ക് സംശയമില്ല അപ്പോ അങ്ങനെയുള്ള പരമാത്മാവ് രാമനായി ജനിക്കാൻ പറ്റുമോ ജനിച്ചെങ്കിൽ ജനിച്ചതായി തോന്നുന്നുണ്ടെങ്കിൽ മായ സംഭവാമി മായയാ സംഭവാമി എന്നു വെച്ചാൽ ഈ ജഗത്ത് മുഴുവൻ ഭഗവാൻ മായ കൊണ്ടുണ്ടെന്ന് തോന്നിക്കുന്ന വെറുമൊരിന്ദ്രജാലൻ ഭഗവാൻ പരമാത്മാ മുകുണ്ടൻ നാരായണൻ ജഗദീശ്വരൻ ഈ ജഗത്തിൻ്റെ മുഴുവൻ ഈശ്വരനാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഈശ്വരനെന്ന് വെച്ചാലോ അദ്ദേഹം ചിന്തിക്കുന്നത് പോലെ മാത്രമേ ഈ ജഗത്തിന് അനങ്ങാൻ പോലും പറ്റൂ അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഐന്ദ്രജാലികൻ്റെ സങ്കല്പത്തിൻ്റെ ചൊൽപ്പടിക്കേ ഐന്ദ്രജാലിക ദൃശ്യങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റൂ ഏ ഭഗവാൻ ഇവിടെ അങ്ങനെ സങ്കല്പമൊന്നും ഇല്ലെന്നല്ലേ അത് ശരി സങ്കൽപ്പത്തെയും മായയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ ചിത്തമേ വഹി സംസാര ഭഗവാന മോഹം കൊണ്ട് ഈ സങ്കല്പം വന്നു ചേരുന്നു മായ കൊണ്ട് ഓരോരുത്തരുടെയും സങ്കല്പമനുസരിച്ച് അവർ വരുടെ പ്രപഞ്ചം അല്ലാതെ ഇവിടെ സ്വതന്ത്രമായിട്ടൊരു പ്രപഞ്ചവുമില്ല എല്ലാവർക്കും തുല്യമായ ഒരു പ്രപഞ്ചം ഇവിടെ എല്ലാവർക്കും തുല്യമായ ഒരു പ്രപഞ്ചം ഉണ്ടെന്ന് വന്നാൽ മനുഷ്യർക്കും പട്ടിക്കും പൂച്ചയ്ക്കും വൃന്ദിനും ഒക്കെ ഒരേ പ്രപഞ്ചമാണോ പല പ്രപഞ്ചമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അല്ല ഒരേ പ്രപഞ്ചമല്ലെന്ന് ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നു പല പ്രപഞ്ചമുണ്ടെങ്കിൽ ഓരോരുത്തരുടെ കയ്യിലുള്ള ഉപകരണമനുസരിച്ച് പട്ടി തൻ്റെ കയ്യിലുള്ള ഉപകരണമനുസരിച്ച് ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു പൂച്ച അതിൻ്റെ കയ്യിൽ രാത്രി പൂർത്തിക്കൊക്കെ നല്ല വെളിച്ചമാണ് നമുക്കുള്ള വെളിച്ചമാണ് അർദ്ധരാത്രിയൊക്കെ അങ്ങനെ നോക്കിയാൽ ഓരോരുത്തർക്കും ഓരോ ഉപകരണം ഉപകരണം കാണിക്കുന്ന കാഴ്ചയാണ് ഈ പ്രപഞ്ചം ആധുനിക ശാസ്ത്രത്തിന് പോലും ഇന്നത് നിഷേധിക്കാനേ സാധ്യമല്ല അപ്പോൾ ഭഗവാൻ പ്രപഞ്ചവുമുള്ള സങ്കല്പമെല്ലാം ഒന്നുമില്ല എല്ലാം അവനവൻ്റെ സങ്കല്പം ചിത്തമേ വഹി സംസാര നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ് എത്തിത്തന്നയോ മർത്യഹ ഗുഹ്യമേ തദ്സനാതനം മനസ്സ് ചിത്തമെങ്ങനെയോ മനുഷ്യൻ അങ്ങനെ ഇത് അഴിവില്ലാത്ത നിയമം എഴുതിയിട്ട് പഠിച്ചുള്ള ചിത്തം എങ്ങനെയോ അവനവൻ അങ്ങനെ സർവൻ ബ്രഹ്മമയം ചിത്തത്തിൽ ഉറപ്പിക്കൂ സർവം ബ്രഹ്മമയം പുറത്ത് ബ്രഹ്മത്തെ തന്നെ കാണാൻ പറ്റും അതിലേറ്റ ആനന്ദമനുഭവിക്കാൻ പറ്റും പുറത്തെന്തൊക്കെ ഉണ്ടാകട്ടെ പക്ഷേ അവിടെയൊക്കെ ബ്രഹ്മം നിങ്ങളുടെ ചിത്തം ബ്രഹ്മമയമായോ അതേ ചിത്തത്തിൽ വേറെ ചിലവൊക്കെയാണോ ഭൂതവും പ്രേതവും ഒക്കെയാണോ ചിത്തത്തിലിരിക്കുന്നത് ഭൂതവും പ്രേതവും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നും പലരുന്നതിനോട് ചോദിക്കാറുണ്ട് ഇവിടെ ഭൂതമുണ്ടോ സാർ പ്രേതമുണ്ടോ സാർ നിങ്ങൾ ചോദിക്കേണ്ടത് ഇവിടെ ഉണ്ടോ എന്നല്ല നിങ്ങളുടെ ചിത്രത്തിലുണ്ടോ സങ്കല്പരൂപത്തിൽ ഇവിടെ ഉണ്ടാവും പിതൃക്കളുണ്ടോ പിതൃക്കൾ നിങ്ങളുടെ ചിത്രത്തിലുണ്ടോ ഉണ്ടെങ്കിൽ ഇവിടെത്തൊക്കെ പിതൃക്കൾ ഉണ്ടാവും നവഗ്രഹങ്ങളുണ്ടോ സാർ അയ്യോ അതൊക്കെ സൂക്ഷിക്കണം നവഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടോ അത് ഇഷ്ടമായിട്ടും പുറത്തുണ്ടോ അവരും അവർ പറയുന്ന ജ്യോത്സ്യന്മാർ പറയുന്നതൊക്കെ വളരെ ശരിയുമായിരിക്കും കുറയും നിങ്ങളും ഉള്ളിൽ നിന്നതൊക്കെ മാറ്റാൻ പറ്റുമോ അതാണ് ഉള്ളിൽ സർവം ബ്രഹ്മമയം പരമമായ സത്യം ഉറപ്പിക്കുക ഒരു പിതൃക്കളുമില്ല ഒരു നവഗ്രഹങ്ങളുമില്ല അവരാരും ഉണ്ടെങ്കിൽ പോലും ച മറ്റുള്ളവർക്കുണ്ടെങ്കിൽ പോലും നമ്മൊന്നും സമീപിക്കില്ല അവർക്കൊക്കെ പേടിയാണ് അതൊക്കെ ജഗതീശ്വരൻ എന്ന പദത്തിനെന്താർത്ഥം ജഗത്തിൻ്റെ മുഴുവനീശ്വരൻ കൗസല്യ ബ്രാഹ്മണ സ്തുതിക്കുകയാണ് ജന്മരഹിതൻ ആ അപ്പോൾ ഇവിടെ ഈ പരസ്പര വൈരുദ്ധ്യം കൗസല്യയുടെ മകൻ ജനിച്ചു കിടക്കുന്നു കൗസല്യ ജന്മരഹിതൻ എങ്ങനെ ശരി ചിന്തിക്കുക എന്തിന് ഈ പദം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു അപ്പോൾ ജനിച്ചു കിടക്കുന്ന രാമൻ ജന്മരഹിതൻ എങ്ങനെയാവും ആ ചിന്തിച്ച് ആ സത്യം വിചാരം ചെയ്ത് കണ്ടെത്തുക അപ്പോൾ സകല സംശയവും തീരും അതല്ലാത്രത്തോളം ആയിരം ജന്മം രാമായണം വായിച്ചുകൊണ്ടിരുന്നാലും ഒരു സംശയവും ഒരിടത്തും ചെയ്യാൻ പോകുന്നില്ല ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ അപ്പോൾ ഞാൻ അർത്ഥമൊന്നും പറയണ്ടല്ലോ വിഷ്ണു വിഷ്ണു എന്ന് വെച്ചാൽ സർവത്ര നിറഞ്ഞു നിൽക്കുന്നവൻ വിഷ്ണു പദത്തിനർത്ഥം അതാണ് സർവത്ര നിറഞ്ഞു നിൽക്കുന്നവൻ തന്നെ ചിഹ്നത്തോടും അവതാരം കാണായി കൗസല്യക്കും എങ്ങനെ കാണായി ഒരു കിരീടം ധരിച്ചിരിക്കുന്നു ഭഗവാൻ അപ്പോൾ ഈ കിരീടമൊക്കെ പക്ഷേ ഈ വിഷ്ണുരൂപത്തിലാണ് പണ്ടവർ ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷമാക്കി അങ്ങ് ഞങ്ങളുടെ മകനായി ജനിക്കണം എന്നാവശ്യപ്പെട്ടത് ഇപ്പോൾ രാമൻ തന്നെ പറയുന്നു നിങ്ങൾ വിഷ്ണുരൂപം പ്രത്യക്ഷപ്പെടുത്തി ഞാൻ ജനിക്കണം എന്നാവശ്യപ്പെട്ടു ആ വിഷ്ണുരൂപമാണ് ജനിച്ചിരിക്കുന്നത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഇതാ ഇപ്പം ഈ വിഷ്ണുരൂപം കാണിച്ചു തന്നിരിക്കുന്നത് അല്ലാതെ എനിക്ക് സ്ഥിരമായി ഈ വിഷ്ണുരൂപം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ നിങ്ങൾക്ക് എന്നെ വിഷ്ണുരൂപത്തിൽ കാണണം മകനായി ജനിക്കണം എന്നാണ് നിങ്ങളുടെ ചോദ്യം അതാണ് എങ്ങനെ കിരീടം തന്നെ എങ്ങനെ സഹസ്രകിരണന്മാർ ഒരുമിച്ചുദിച്ചുരുനേരം സഹസ്ര ആയുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോദ്ഭവൻ ഉദ് നാരദസനകാദി സഹസ്രനേത്രമുഖ വിബുധേന്ദ്രന്മാരും അവരുമൊക്കെ ചുറ്റും നിൽക്കുന്നതായി കാണുകയാണ് അതാ വന്ധ്യമായിരിപ്പോൾ ഒരു നിർമ്മലമുകുടവും അത ഇവരൊക്കെ വന്ദിക്കുന്ന സൂര്യപ്രഭമായ ആയിരം സൂര്യന്മാർ പ്രഭ ചൊരിയുന്ന കിരീടവും സുന്ദര ചിക്കുരവും അള സുഷമയും അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കിക്കൊള്ളുക കാരു്യമൃതരസ സമ്പൂർണ നയനവും ആരുണ്ശോഭിതഘനവും ശംഖചക്രാബ്ജദാശോഭിതഭുജങ്ങളും ശംഖസരാജിതകൗസ്തുഭവും എദിന കുണ്ടല മുക്താരീനൂപുരമുഖ മണ്ഡനങ്ങളും ിന്ദുമലവദനവും പണ്ടു ലോകങ്ങൾ എല്ലാം അളന്ന പാദാബ്ജവും പണ്ട് രണ്ട് പാദം കൊണ്ട് പാമനാവതാരത്തിൽ സകല പ്രപഞ്ചത്തെയും ഭഗവാൻ അളന്ന് തീർക്കുകയാണ് ആ ഭഗവാന്റെ കഴിവ് എന്താന്ന് നോക്കണം കണ്ടുകൊണ്ടുണ്ടായ ഒരു പരമാനന്ദത്തോടും മോക്ഷദനായ ജഗത്സാക്ഷിയം പരമാത്മാ സാക്ഷാത് ശ്രീനാരായണൻ താനിലെന്നറിഞ്ഞപ്പോൾ സുന്ദരകത്രിയായ കൗസല്യാവിദാനം വന്ദിച്ചുതെരുതര സ്തുതിച്ചു തുടങ്ങിനാൾ അത് കൗസല്യസ്തുതി ആരംഭിക്കുന്നതേയുള്ളൂ നമസ്തേ ദേവതേ ശംഖചക്രവ്യധര നമസ്തേ വാസുദേവ മധുസൂദനഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ നം സമസ്തേശ്വര ശൗര് നമസ്തേ കല്പതേ നിന്തിരുവടി അതാ അടുത്ത വാക്യം ശ്രദ്ധിക്കണം നിന്തിരുവടി മായാദേവിയെ കൊണ്ട് സന്തതം സൃഷ്ടിച്ച് മായാദേവിയെ കൊണ്ട് സൃഷ്ടിക്കുന്നു എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഇല്ലാത്ത വിശ്വത്വമുണ്ടെന്ന് തോന്നിച്ച് നിന്തിരുവടി മായാദേവിയെക്കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു എപ്പോഴും ഭഗവാൻ മായകളെ കൊണ്ട് ഈ വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു അങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരമെല്ലാം ഭഗവാന്റെ കാര്യങ്ങളൊന്നു ആ ഭഗവാനാണ് പ്രപഞ്ചത്തിൻ്റെ കൊള്ളരുതായ്മ മകൾ തീർക്കാൻ വന്ന് ജനിച്ചിരിക്കുന്നത് സത്വാദി ഗുണത്രയം ആശ്രയിച്ച് ഏതാ ഇവിടെ കൗസല്യം തന്നെ പറയുന്നത് ഒരു ശ്രദ്ധിക്കണം സ സത്വാതി ഗുണത്രയമാശ്രയിച്ച് എന്തിനെന്ന് ഇവിടെ എന്തിനായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഇങ്ങനെ രക്ഷിക്കുന്നു സംഹരിക്കുന്നു വീണ്ടും സൃഷ്ടിക്കുന്നു രക്ഷിക്കുന്നു സംഹരിക്കുന്നു എന്നൊക്കെ തോന്നുന്നു പക്ഷെ എന്തിനത് ഈ ചോദ്യം ചോദിക്കുക ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഇപ്പം ചിലർ ചോദിച്ചേക്കാം സാർ കാര്യമൊക്കെ ശരി ഇപ്പം നമ്മളിപ്പോൾ എന്തിനാണ് ഈ ചോദ്യമൊക്കെ ചോദിക്കാൻ പോകുന്നത് നമുക്ക് കാലത്തെ എഴുതിക്കണം അല്പം കാപ്പി കുടിക്കണം ഒരു വിരോധവും ഇല്ല സന്തോഷമായിട്ട് കാപ്പിയും കുടിച്ച് എന്താണെന്ന് വെച്ചാൽ സുഖമായിട്ട് ജീവിതം നയിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ ചോദ്യവും ചോദിക്കണ്ട എന്താ പരമസുഖം എനിക്ക് എനിക്കിവിടെ സുഖമല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് ഭഗവാൻ എന്തിനും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെന്നോ ഒരു ചോദ്യം സുഖം പൂർണ്ണമായ സുഖം കിട്ടിയ ഒരാൾ ഒരിക്കലും ഇത്തരം ചോദ്യമൊന്നും ചോദിക്കില്ല പക്ഷെ തീരെ സുഖമില്ല സ്വസ്ഥത അശേഷമില്ല എന്തൊക്കെയോ പ്രപഞ്ചം എന്ന മറ്റിൽ കാണുന്നു അതുകൊണ്ടാണ് ഈ ചോദ്യമൊക്കെ ചോദിക്കേണ്ടി വരുന്നത് എന്തിന് കൗസല്യം എന്ന് പറയുന്നു സത്വാദി ഗുണത്രയം ആശ്രയിച്ച് എന്തിനിതെന്ന് ഉത്തമന്മാർക്കു പോലും അറിയുവാൻ വേലയത്രേ അതിഗംഭീരന്മാർക്ക് പോലും അങ്ങയുടെ ഈ പ്രപഞ്ചപ്രവർത്തന രഹസ്യം അറിയാൻ ഈ എളുപ്പമില്ല സാധിക്കുന്നില്ല വസ്തുത അതാണ് ഗംഭീരന്മാരായ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെല്ലാം തലകൂത്തി ശ്രമിക്കുകയാണ് എന്താണ് ഈ പ്രപഞ്ചം എവിടുന്നാണ് ഒരു പിടിയും കിട്ടാതെ ദൃശ്യം അന്വേഷിക്കുന്ന പിടി കിട്ടുകയില്ല കാരണം ഇവിടെ അങ്ങനെ ഒരു പ്രപഞ്ചം ഇല്ല സത്യമറിയണമെങ്കിൽ ഉള്ളിലേക്ക് തിരിഞ്ഞ് ബോധസ്വരൂപമായ വസ്തുവിനെ വേണ്ട പോലെ അറിഞ്ഞനുഭവിച്ച് അത് മാത്രമേ ഉള്ളൂ എന്നനുഭവിക്കുക അതുമാത്രമേ ഉള്ളെങ്കിൽ ഇനി ചോദ്യം എന്താ ഇവിടെ ഇവിടെ രണ്ടില്ലല്ലോ ഈ പ്രപഞ്ചം എന്തിനാ ആരാ പ്രപഞ്ചത്തിൽ പലരുണ്ടെന്ന് തോന്നുന്നവരെ അന്വേഷിക്കട്ടെ എനിക്കിവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ ഞാനിന്നി അത്രയും ചോദ്യമെന്ന് വെച്ചാൽ പലരും പലരും ഋഷീശ്വരന്മാരും പറയുന്ന സാക്ഷേ നിങ്ങൾക്കെന്താ ഇവിടെ കുറേ സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്തിക്കൂടെ അല്ല ഞാൻ നോക്കിയിട്ട് ഇവിടെ ബ്രഹ്മമേ ഉള്ളൂ ബ്രഹ്മത്തിന് ഒരു കുഴപ്പവും ഇല്ല ഞാനിന്നെന്തിനാ സാമൂഹ്യപ്രവർത്തനം നടത്തുന്നത് ഇത് രമണ മഹർഷി പറഞ്ഞതാണ് അല്ല ഞങ്ങൾക്ക് കഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് പേരെ കാണാനുണ്ടല്ലോ സുഹൃത്തുക്കളെ വളരെ സന്തോഷം നിങ്ങൾ പോയി സാമൂഹ്യപ്രവർത്തനം നടത്തും പക്ഷെ കാണാനില്ലാത്ത കഷ്ടപ്പെടുന്ന ആരെയും കാണാനില്ലാത്ത ഞാനിന്നീപ്പോൾ എന്തിനാ ഞാൻ ആ ബ്രഹ്മത്തെ നന്നാക്കാനും ആ അദ്ദേഹത്തിന് ഇന്നീപ്പോൾ അങ്ങനെ നന്നാക്കലിൻ്റെ ആവശ്യമൊന്നുമില്ല പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ ഒരേ അർത്ഥം പരമകാരണം ആ സത്യം മാത്രമേ ഉള്ളൂ ഇവിടെ പരമാത്മാവോ പരൻ പുരുഷൻ പരിപൂർണൻ പൂർണ്ണവസ്തു അപൂർണതയില്ല അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു പ്രപഞ്ചം ഉണ്ടാവുക അച്യുതൻ ഒരിക്കലും അദ്ദേഹം തന്റെ ആ സ്ഥിതിയിൽ നിന്നും താഴോട്ട് വരുന്നില്ല അച്യുതി ആ താഴോട്ട് വരിക അതില്ല അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയൻ ഒരു കുറവും വരാത്തവൻ ഏകൻ നിശ്ചലൻ അനങ്ങുന്നില്ല സർവത്ര നിറഞ്ഞു തിങ്ങി ആനന്ദസ്വരൂപനായി നിൽക്കുന്ന ഭഗവാൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രതനിത്യൻ ആ സത്യത്തെ ഒന്നറിഞ്ഞാൽ മതി അറിയുന്ന നിമിഷം മുതൽ അതിരറ്റ ധന്യതയും ആനന്ദവും ധന്യോഹം എന്ന് അനുഭവിക്കാൻ കഴിയും നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാ ഞാൻ ഓരോ പദമായിട്ട് എന്തിനും വായിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് ബ്രഹ്മപര്യായങ്ങൾ ആ ബ്രഹ്മം ജനിക്കുമോ ഇനി ബാക്കിയൊക്കെ വായിച്ചുള്ളത് അദ്വയൻ അജൻ അമൃതൻ ആനന്ദൻ നാരായണൻ വിദ്വന്മാനസപത്മ മധുവൻ മധുവൈരി സത്യജ്ഞാനന്ദാത്മാ സത്യം ജ്ഞാനം ഇതൊക്കെയാണ് ഭഗവാന്റെ ജ്ഞാനം എന്ന് വെച്ചാൽ ബോധം സത്യം എന്ന് പറഞ്ഞാൽ ഉണ്മ ഉണ്മ ബോധം ഇതൊക്കെയാണ് ഭഗവാന്റെ സ്വരൂപം തത്വാർത്ഥബോധരൂപൻ തത്വാർത്ഥമായ ബോധമാണ് അദ്ദേഹത്തിൻ്റെ രൂപൻ ബോധരൂപൻ സകല ജഗന്മയൻ ഈ ജഗത്തായി കാണുന്നത് മുഴുവൻ അദ്ദേഹം അപ്പോൾ എന്താ രാവണനെ മാറ്റി നിർത്താൻ പറ്റുമോ സകല ജഗന്മയൻ സകല ജഗന്മയൻ തത്വ തത്വമാത്രനല്ലോ അദ്ദേഹം തത്വം മാത്രം എന്ന് പറഞ്ഞാൽ ആ ബോധം മാത്രം തത്വമാത്രകനല്ലോ നിന്തിരുവടിന്യൂനം നിന്തിരുവടിയുടെ ജഠരത്തിൽ നിത്യം അന്ധമില്ലാതോളം ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു എത്ര ഉണ്ടെന്ന് തീരുമാനിക്കാൻ വയ്യ അങ്ങനെ ഉള്ള ബ്രഹ്മാണ്ടങ്ങൾ അവിടുത്തെ ജഠരത്തിൽ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാൻ ഭാഗവതത്തിൽ ദേവകി പറയുന്ന അതേ കാര്യം അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഡരത്തിൽ എന്റെ ഗർഭപോത്രത്തിൽ ഇങ്ങനെ വസിപ്പതിന് എന്തു കാരണം പൊറ്റി അങ്ങനെയുള്ള അങ് എൻ്റെ ഈ ഗർഭപാത്രത്തിൽ എന്തിനാ അന്ന് പിറന്നത് എന്ന ചോദ്യത്തിന് എന്താ അർത്ഥം പിറന്നു എന്ന് വിശ്വസിക്കാനേ സാധ്യമല്ല പറഞ്ഞിട്ടില്ല ഭക്തന്മാർ വിഷയമായുള്ള ഒരു വ്യക്തമായി കാണാൻ മുക്തയാ എനിക്കിപ്പോഴും എനിക്ക് മനസ്സിലായി ൊണ്ട് മായാമയ മായയിൽ മുങ്ങിക്കിടക്കുന്ന മനുഷ്യ ഭക്തന്മാരെ ഒന്ന് ഉണർത്തിവിടാൻ വേണ്ടി മാത്രമാണ് അങ്ങ് ഈ രൂപങ്ങളൊക്കെ ധരിക്കുന്നത് ഇതുകൊണ്ട് ഉണരുമോ അല്ല ആലോചിക്കട്ടെ ഞാൻ ആരാന്നുള്ള സത്യം കണ്ടുപിടിക്കാൻ ഒരു ശ്രമം തുടങ്ങട്ടെ വെറുതെ കണ്ണുമടച്ച് വിശ്വസിക്കുകയല്ല എൻ്റെ യഥാർത്ഥ രൂപമെന്ത് എനിക്കിങ്ങനെ ജനിക്കാൻ പറ്റുമോ ഞാൻ അവതരിച്ചിട്ടുണ്ടോ ഇതൊക്കെ ഈ മായാബദ്ധരായ ജനങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ എന്തു പറയാൻ ഭഗവാനെ ഒക്കെ വലിയ പ്രയാസം ഭർത്തൃ പുത്രാർത്ഥ ആകുല് ഭർത്തൃ പുത്രാർത്ഥാകുല് ഭർത്താവ് പുത്രന്മാര് ഭാര്യ പണം എന്നിവയിൽ ആകുലന്മാരായി ഇതൊന്നും വേണ്ടന്നല്ല ഭർത്താവ് വേണം ഭാര്യ വേണം പണം വേണം മക്കൾ വേണം പക്ഷേ ആകുലരാകാതിരിക്കണം ആകുലരായിട്ടെന്താ വിശേഷം ആകുലരാൽ ആകുലരായി ആകുലരായി ജീവിതം അവസാനിപ്പിക്കാത്രേ പറ്റുള്ളൂ ഭർത്തൃപുത്രാർത്ഥാകുല സംസാര ദുഃഖ അംബുധവും നിത്യവും നിമഗ്നയായി അത്യർത്ഥം ഭ്രമിക്കുന്നേൻ നിന്നുടമഹാത്മ്യം നിങ്ങളുടെ മഹാമായതന്നുടലത്തിനാൽ എല്ലാം അങ്ങനെ മായ ഭഗവാനെ മായെന്നല്ലാതെ എന്താ ചില അടുത്ത നിമിഷം ജീവിച്ചിരിക്കുമോ എന്ന് നിശ്ചയമില്ല പക്ഷേ ഇവിടെ കിടന്ന് പെടയുകയാണ് മായാന്നല്ലാതെ ഇതിനെന്താ ഉത്തരം നിങ്ങളുടെ മഹാമായതന്നുടലത്തിനാൽ ഇന്ന് നിൻ പാതാംജം കാണാനും യോഗം വന്നു അതുകൊണ്ട് ഭഗവാനെ അങ്ങെ ലാളിച്ചും വളർത്തിയും ഓരോ കുഞ്ഞിനെയും ലാളിക്കുകയും വളർത്തുകയും ചെയ്യുമ്പോൾ ഓരോ അമ്മയും ആ കുഞ്ഞിൽ കൂടി ഈശ്വര സാക്ഷാത്കാരം യഥാർത്ഥ സത്യസാക്ഷാത്കാരം ലക്ഷ്യമാക്കണം എന്നാണ് കൃഷ്ണൻ അമ്മയോടും അച്ഛനോടും പറയുന്നത് നിങ്ങളെന്നെ മകനായിട്ട് ലാളിച്ചോളൂ പക്ഷെ എന്നെ ബ്രഹ്മമായിട്ടുകൂടെ മനസ്സിലാക്കി ലാളിച്ചാൽ നിങ്ങളും ജ്ഞാനം തീർച്ചയായും രക്ഷപ്പെടും ഇതൊക്കെയാണ് ഈ അവതാരത്തിൻ്റെ രഹസ്യം ഇതുകൊണ്ട് അവതാരമില്ലെന്നോ ഒന്നും വിശ്വസിക്കണ്ട അങ്ങനെ ഒന്നും കരുതിപ്പണ്ട ഒക്കെ ഉണ്ടെന്ന് തന്നെ വിശ്വസിച്ചോളുക പക്ഷേ അവതാരത്തിൻ്റെയും ജഗത്തിൻ്റെയും അവനവൻ്റെയും പരമമായ രഹസ്യമെന്ത് ആ സത്യത്തിൻ്റെ ശുദ്ധമായ സ്വരൂപമെന്ത് ഇതുകൂടി നോക്കിക്കാണാൻ ശ്രമിക്കുക ഈ വിവരണമൊന്നും പൂർത്തിയാകാൻ അങ്ങനെ എളുപ്പമില്ല രാമായണിങ്ങനെ വായിച്ചുപോയാൽ രസകരമായ കാശുമാണ് ഓരോ വരിക്കും അർത്ഥവും പറഞ്ഞ് പോകാൻ പറ്റും എന്തായാലും ബാലകാണ്ഡം നമ്മൾ ഇന്നൂടെ അവസാനിപ്പിക്കുന്നു നാളെയും അടുത്ത ദിവസവും നമ്മൾ അയോധ്യാകാണ്ടത്തിലെ ലക്ഷണോപദേശം വായിക്കും പൂർണ്ണമായും ഈ ഈ വിധ വേദാന്ത കാര്യങ്ങളെല്ലാം ഗംഭീരമായി സമഗ്രമായി ചർച്ച ചെയ്യുന്ന ഒന്നാണ് അയോധ്യകാണ്ഡത്തിലെ ലക്ഷണോപദേശവും നാളെയും മറ്റന്നാളും കൊണ്ട് നമുക്ക് അത് വായിച്ച് അല്പം വിശദമായി അർത്ഥം പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം ഞാനീ പറയുന്നതിനൊക്കെ അതിൻ്റെ പിന്നിലൊക്കെ ഒരൊറ്റ താല്പര്യമേ ഉള്ളൂ ഇതെല്ലാം ആവർത്തിച്ചു വായിക്കുക രാമഭക്തിയിൽ മനസ്സ് നിമഗ്നമാക്കുക രാമനോടെന്തു വേണോ പ്രാർത്ഥിച്ചോളുക അതേ അവസരത്തിൽ രാമന്റെയും നമ്മുടെയും ജഗത്തിൻ്റെയും യഥാർത്ഥ തത്വം എന്താണെന്നു കൂടി രണ്ട് മലയാളമാമറുകൾ ഈ എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തന വ്യാഖ്യാനം മാത്രം വാങ്ങിച്ചു വായിച്ചു നോക്കുക ഇതെല്ലാം അത്യന്തം ലളിതമായി പിടികിട്ടും അങ്ങനെ വായിച്ച ആ പരമമായ സത്യം കൂടി ദിവസേല നമുക്ക് കുറേശ്ശെ കുറേശ്ശയെങ്കിലും ഉള്ളിൽ തെളിഞ്ഞു കിട്ടാൻ ശ്രീരാമദേവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം